ആകാശങ്ങൾ അവക്കി മുകളിൽ നിന്ന് പൊട്ടിപ്പോകാൻ തുടങ്ങുന്നു മലക്കുകൾ അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധനാക്കുകയും ഭൂമിയിലുള്ളവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നു അള്ളാഹുസുബാനഹുവറ്റാല തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്